പിന്നീട് ആദം അലേഹ്സലാം തന്റെ രക്ഷിതാവിൽ നിന്ന് ചില വാക്കുകൾ സ്വീകരിച്ചു അങ്ങനെ അള്ളാഹു സുബഹാനഹുവ ചയാല അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിച്ചു തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്